പൂർവക്ഷി പറയുന്നത് ആത്മാവിനെ കുറിച്ച് ആർക്കും സംശയമില്ല എല്ലാരും അറിയുന്നത് അതുകൊണ്ട് ആത്മാവനെ കുറിച്ചുള്ള ജിജ്ഞാസയുടെ ആവശ്യമില്ല സിദ്ധാന്തി പറയുന്നത് ആത്മാവനെ അറിയാൻ ആഗ്രഹിക്കണം അവിടെ ജിജ്ഞാസ വേണം എന്നാണ് ഇവിടെ അവിടെ ഒരു പൂർവോക്ഷം വന്നത് ആത്മാവിനെ അറിയാവുന്നങ്ങൾ എന്ന് കൊണ്ട് പറയുന്നു അഹമനുഭവങ്ങൾ ഈ അഹം അനുഭവം എന്ന് പറയുന്നത് ആത്മാവിന്റെ അനുഭവമല്ല അദ്വീതിയുടെ പക്ഷത്വം എന്ന് പറയും എന്താണ് ദേഹത്തിൽ ഒന്ന് ആത്മബുദ്ധിയാണ് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് ഉള്ളതുകൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറയാൻ കഴിയത്തില്ല ദേഹത്തിന്റെ പറയും അങ്ങനെ പക്ഷത്തിലും പറയും ഈ അഹം എന്ന് പറയുന്ന എന്താണ് ബോധമാണ് ഞാൻ ആത്മാവുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ ശരീരത്തിന്റെ ഭൂതങ്ങളെല്ലാം കൂടി ചേർന്ന് പറഞ്ഞൊരു ബോധമുണ്ടായ ആത്മാവാണ് ആത്മാവിനെ അറിഞ്ഞാൽ ജിജ്ഞാസയുടെ ആവശ്യമില്ല ആത്മാവേതെങ്കിൽ പിന്നെ എന്തിന് ജിജ്ഞാസ ഉണ്ടാവണമെന്ന് ചാർവാദം പറയും വേറെ കൂട്ടർ പറയുന്നല്ല ആത്മാവിനെ അറിയാൻ ജിജ്ഞാസയുടെ ആവശ്യമുണ്ട് അത് ഈ പറയുന്നു അഹം അനുഭവം കൊണ്ട് ആത്മാവിനെ അറിയുന്നില്ല അത് ആത്മാവിന് ശരീരവുമായിട്ടുള്ള താതാത്മ്യം കൊണ്ടുവന്ന ഒരു ബോധമാണ് അതല്ല അത് വിശേഷിക്കുന്നു തദാലംബരദ് അനുഭവം ഇതര അനുഭവം വിപര്യസ്യീതി പരിപൂർവത്തിലുള്ള അസുക്ഷേപം ദിപാതിയിൽ വരുന്നതാണ് അസ്യീതി അസ്ജിദാസ്യന്തി പരമ്പരയ്ക്ക് അതാതും ഇതൊക്കെ നോക്കി പഠിക്കണം ഇന്നലെ അത് പേരെടുത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കാനും കൃത്യമായ അർത്ഥം മനസ്സിലാക്കാനോ പിന്നെ സംസ്ഥാനം പഠിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും സംസ്ഥാനം പഠിക്കാതൊന്നും നേരെ മനസ്സിലാകത്തില്ല മനസ്സിലാക്കുന്നത് ഒരുപാട് പരിശ്രമം വേണ്ടി ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് കാശിയിൽ പോയിട്ട് ആദ്യം പഠിക്കുമ്പോൾ സംസ്കൃതം പഠിക്കാതെ പഠിക്കണം ഒരുപാട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാലും പല ഭാഗങ്ങളും പിടികിട്ടത്തി എന്തുകൊണ്ട് ആ സംസ്കൃത വ്യാകരണം അറിയാതെ കൃത്യമായി മനസ്സിലാവും ഇന്ന് ഒരു പൊതുവായ ഒരു ആശയം കിട്ടും എന്നുള്ളതാണ് വ്യാകരണം മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കൃത്യമായി മനസ്സിലാക്കുക അർത്ഥം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പുക പോലെയൊക്കെ തോന്നും എന്തോ മനസ്സിലാവും അത് ഭാഷയിലൂടെ വായിച്ച് സ്വയം തന്നെ മനസ്സിലാക്കും ഞങ്ങളുടെ ഭാഷാജ്ഞാനം വേണം പ്രയാസം നമുക്കൊരു പൊതുവായൊരു ഏകദേശ ധാരണ ഒരു അത്രയുണ്ട് തദാരംബരത്വ യോഗം ഭാര്യ പിതരോ അന്മഭവം സയൈവ സ്ഥാമ അനുഭവാമീതി പ്രതിസന്ധാന ഭവേ യഹമുള്ള അനുഭവം ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ല എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നു എല്ലാം ഒരുപക്ഷണം പറയുന്നു അധ്യാസമില്ല എന്ന് പറയുന്ന ആത്മാവ്യക്തമാണ് എന്ന് പറയുന്നവർ പറയണം അധ്യാസമില്ല ആത്മാവ്യക്തമാണ് അപ്പോൾ ജിജ്ഞാസയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവർ പറയണം ഈ അഹം അനുഭവത്തെക്കുറിച്ച് പറയണം ഒരു ആൾ പറയുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടു വളർന്നു അവിടെ സ്നേഹവാർഷല്യങ്ങളൊക്കെ അനുഭവിച്ചു അങ്ങനെ വളർന്നു വളർന്നു വന്ന് പിന്നെ അവർക്ക് മരിച്ചു പോയി എനിക്കിപ്പോൾ വയസ്സായി എൻ്റെ പേരക്കുട്ടികളെ അറിയുന്നു ഞാനിപ്പോ എന്റെ പേരെക്കുട്ടി അപ്പൊ കുട്ടിക്കാലത്ത് ആരെ അറിഞ്ഞു മാതാപിതാക്കളെ അറിഞ്ഞു വയസ്സുകാലത്ത് ആരെ അറിയുന്നു പേരെക്കുട്ടികൾ അപ്പോ അറിയുന്ന ആര് ഞാൻ ഈ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ അറിയുകയും വയസ്സുകാലത്ത് പേരക്കുട്ടികളെ അറിഞ്ഞതായ ഈ ഞാൻ എന്ന് പറയുന്ന ശരീരമാണ് എന്തുകൊണ്ട് ഇത് ശരീരമല്ല എന്തുകൊണ്ട് അറിയുന്നത് അതായത് കുട്ടിക്കാലത്തെ ശരീരമല്ല വയസ്സായപ്പോൾ ശരീരം ശരീരം മാറി ചർവാദം പറയുന്നതനുസരിച്ച് എന്താണ് ശരീരത്തിലുള്ള ചൈതന്യമാണ് അഹം ബോധമുണ്ടി കുട്ടിക്കാലത്തെ ശരീരമുള്ള വഴി എന്താണ് വാർദ്ധക്യത്തിലെ ശരീരം കുട്ടിക്കാലത്തെ ശരീരം എന്ന് പറയുന്നത് ശിശു ആര് പാർത്ഥക്യത്തിലെ ശരീരം എന്ന് പറയുന്നത് എന്താണ് ജരാവ്യാധികളൊക്കെ പിടി ശരീരമാണ് ഒരു ശരീരമാണ് എനിക്ക് ബാല്യകാലത്തിലും വയസ്സ് കാലത്ത് ഒരേ ശരീരം നടന്നെങ്കിലും പറയാൻ പറ്റും പറ്റും ഒരുപോലെ ഇരിക്കുന്നു ശരീരം മാറിയല്ല ഒരു ശരീരമാണ് അപ്പോ ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരമാണ് കാരണം ശരീരം പക്ഷേ എന്റെ അനുഭവം മാറുന്നത് കുട്ടിക്കാലത്ത് അച്ഛനെയും അമ്മയും അറിഞ്ഞു ഞാൻ തന്നെ കൊച്ചുമക്കളെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മാറ്റമില്ല ആ ഞാൻ എന്നെ ആശ്രയമായിരിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ശരീരത്തെയാണെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ശരീരം മാറുന്നു ഞാനെന്ന് പറയുന്ന അനുഭവം മാറുന്നില്ല കുട്ടിക്കാലത്ത് ഞാനെന്നാ പറഞ്ഞു ഇപ്പൊ വയസ്സുകാലത്ത് ഞാനെന്ന് പറയുന്നു ഞാൻ അപ്പൊ ഈ മാറിയ രണ്ട് ശരീരങ്ങളിൽ നിന്നും വേറിട്ടാണെന്ത ഞാൻ അപ്പൊ ഞാൻ വേറെയാണ് അതാണ് ആത്മാവ് അതറിയാം ജിജ്ഞാസ വേണ്ട ചരവം പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്താണ് ഈ ശരീരത്തിലാണ് ഈ ബോധം ഉണ്ടായത് സംഘാതത്തെ അങ്ങനെയുള്ള ഈ ശരീരം മാറിയുള്ള ബോധമൊന്നും മാറാത്ത ബാല്യത്തിൻ്റെ ശരീരമാണല്ലോ വയസ്സുകാർ ഇപ്പൊ ബോധം മാറാത്ത ശരീരത്തിലെ ബോധമുണ്ട് ഇനി അദ്വൈതങ്ങൾ പറയുന്നത് എന്താണ് ആത്മാവിന് ശരീരവുമായിട്ട് താതാന്യവും വന്നിട്ട് എന്താണ് ഞാനെന്ന് പറയുന്ന ബോധമുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അപ്പോ അതുകൊണ്ടാണ് സമാന ആർഗ്യനുണ്ട് ഞാൻ തടിച്ചവനാണ് ഞാൻ മെലിഞ്ഞവനാണ് എന്നൊക്കെ പറയുന്നത് ആ ശരീരത്തിലെ ബോധത്തെയാണ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ശരീരത്തിലെ ബോധമാണെങ്കിൽ ശരീരം മറന്നും ബോധവും മറന്നുണ്ട് ബാല്യത്തിലെ ശരീരബോധം മാറണേ വയസ്സ് ശരീരം രണ്ടായില്ലേ ബാല്യ ശിശു ശരീരമാണോ വാർത്തക ശരീരം ശരീരം അതുകൊണ്ടെന്താ പറയുന്നത് അതുകൊണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്ന് കൊണ്ട് അതിനറിയാം അത് അവിടെ ജിജ്ഞാസയുടെ ആവശ്യം എന്താ ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവ് അതുകൊണ്ടാണ് ഭാര്യത്തിലും വാർദ്ധക്യത്തിലും ശരീരം മാറിയിട്ട് ഞാനെന്നുള്ള ബോധം മാറാതെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്ബനത്വ ശരീരമാണ് അഹമനുഭവത്തിന്റെ ആലംബനം എന്ന് ശാശ്രയമൊന്നാണ് ശരീരമാണ് അഹം അനുഭവത്തിന്റെ ആശ്രയം എന്നാണ് എങ്കിൽ അല്ല എന്നാൽ പറയുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യാസ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് വ്യത്യാസയുടെ ആവശ്യം എന്ന് പറയുന്ന ആണ് ശരീരമാണ് അഹം എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ ആലംബനം ആശയമാണെന്ന് വന്നു കഴിഞ്ഞാൽ യോഗം ബാല്യ ഏതൊരു ഞാനാണോ ബാല്യെ ശൈശവത്തിൽ പിതരവും പിതരവെന്ന് പറഞ്ഞാൽ അർത്ഥം മാതാവും പിതാവും ഏതൊരു ഞാനാണോ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരെ അന്വഭവം ഏതി violated. lower al diversity. honoring. 派方。SUBSCRIBE! arry คะ scrub. Are the thing. ും ക്ഷേറമായിരുന്നു അനു പുറത്തു അനുഭവിച്ചത് എന്നർക്കും ഏതൊരു ഞാനാണോ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ അറിഞ്ഞത് അനുഭവിച്ചത് എന്റെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞിട്ടില്ല സ്വൈവ അതേ ഞാൻ തന്നെ സ്ഥാവിരേ സ്ഥാവിരം എന്ന് പറയുമ്പോ വാർത്തകത്തിന് പ്രണത്രു കൊച്ചുമക്കൾ ഒരു അനുഭവാമി അനുഭവിക്കുന്നു ഏതൊരു ഞാനാണോ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ അറിഞ്ഞത് അതേ ഞാൻ തന്നെ വയസ്സുകാലത്ത് എൻ്റെ കൊച്ചുമക്കളെ അറിയുന്നു അപ്പൊ അറിഞ്ഞ ആളാരായി ഒരാളാണ് പക്ഷെ ശരീരമാണെങ്കിലോ മാറി ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരമാണ് എന്തുകൊണ്ട് ശരീരം മാറി ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിന് മാറ്റം അതിൽ നിന്ന് വേറെയാണ് ഞാൻ അപ്പൊ ഞാൻ എന്ന് പറയുന്നതാണ് ആത്മാവില്ലാവർക്കും അറിയാം ഇനി കൂടുതൽ അറിയില്ല അതാണ് പറയുന്നതിന് ചുരുക്കം പ്രണത്ത് അനുഭവം അനുഭവാമീതി പ്രതിസന്ധാനം പ്രതിസന്ധാനം എന്ന് പറയുന്നത് എന്താണ് സ്വയം എന്നുള്ള അനുഭവം ആ ഞാൻ തന്നെ ഈ ഞാൻ എന്നുള്ള അനുഭവം അങ്ങനെയാണ് പ്രതിസന്ധാനം കുട്ടിക്കാലത്തെ ആ ഞാൻ തന്നെയാണ് വയസ്സുകാലത്തെ ഞാൻ എന്ന് പറയുന്നത് ഈ ഞാൻ പ്രതിസന്ധനം സ്മൃതി എന്നും പറയാം സ്മരണം ആ പ്രത്യപിജ്ഞ എന്നും പറയാം ആ ഞാൻ തന്നെയാണ് ഈ ഞാൻ ഇത് ന ഭവേത് നവേദം എങ്ങനെയാണെങ്കിൽ അഹം അനുഭവത്തിൻ്റെ ആശ്രയം ഈ ദേഹമാണെങ്കിൽ കുട്ടിക്കാലത്തെ ഞാൻ തന്നെയാണ് വയസ്സുകാലത്തെ ഞാനെന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ദേഹം മാറി ഒരു തർക്കമാണ് ഒരു വലിയ കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ദേഹം മാറി ദേഹം മാറിയില്ല ദേഹത്തിൽ മാറ്റങ്ങൾ ദേഹം മാറിയില്ല വയസ്സായപ്പോ എനിക്ക് പുതിയ ദേഹം കിട്ടി പുതിയ ദേവമൊന്നും വന്നില്ല എന്തോ കുട്ടിക്കാലത്ത് അതേ ദേഹം തന്നെയാണ് എനിക്ക് വയസ്സുകാലത്തോളം പക്ഷെ ദേഹത്തിൽ മാറ്റങ്ങൾ വന്നൊന്നാണ് ദേഹത്തിൽ മാറ്റം വന്നു പറഞ്ഞാൽ ദേഹമാണ് നിങ്ങൾ പറയാൻ പറ്റില്ല ദേഹം അത് തന്നെയാണ് ദേഹത്തിൽ മാറ്റമാണ് പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ ഒരു താർക്കിക യുക്തി വെച്ച് പറയുകയാണ് ശൈശവത്തിലെ ആ ശരീരവും വാർദ്ധക്യത്തിലെ ശരീരവും മാറി ദേഹം തന്നെ മാറി എന്തുകൊണ്ടാണ് ബാല്യ ശരീരമാണത് വാർദ്ധക്യ ശരീരമാണ് പക്ഷെ രണ്ടിടത്ത് അഹമുള്ള അനുഭവമുണ്ട് അപ്പൊ ഈ അനുഭവത്തിൻ്റെ ആശ്രയവും ശരീരമല്ല കാരണം രണ്ടിടത്ത് ഒരുപോലെ വരുന്നു ശരീരം മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്താ അദ്ദേഹത്തിൽ ഞാൻ എന്നുള്ള അനുഭവം ഉണ്ട് വേറൊരാൾക്ക് വേറൊരുടെ ശരീരത്തിൽ എനിക്ക് അനുഭവം വരും മാറി ശരീരത്തിൽ വരത്തില്ല വേറൊരു ശരീരത്തിൽ എനിക്ക് വരത്തില്ല ഇപ്പൊ ശരീരം മാറാത്തുകൊണ്ടാണ് ശരിക്കും എനിക്ക് ശരീരത്തിൽ ഞാനെന്നുള്ള പോകുന്നു മയസ്സുകാർക്ക് ഉണ്ടാകും പിന്നെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ശരീരം മാറി തർക്കം ഇവിടെ പറയുകയാണ് ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ശരീരമേ മാറി നമുക്ക് പറയാനുള്ളത് നീ ആകെ മാറിപ്പോയല്ലടെ എന്ന് പറയും എന്ന് പറയാനന്താ അയാൾ മാറിപ്പോയെന്നാണ് അയാൾക്ക് ശരീരത്തിന് കുറച്ച് വ്യത്യാസം മുമ്പ് തടിച്ചിരുന്നപ്പോ മെരിഞ്ഞും നേരത്തെ മെരിഞ്ഞിരുന്നപ്പോ തടിച്ചും ഇതൊക്കെ ശരീരം മാറുന്നതല്ല പിന്നെന്താണ് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് കാരണം പക്ഷെ ഇവിടെ എന്ത് പറയുന്നു ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ ശരീരമാറ്റമായി എടുത്തിട്ടാണ് ഈ ഒരു പ്രശ്നം പറയുന്നത് ശരീരത്തിൽ വരുന്ന മാറ്റം ശരീരമാറ്റമാണ് എന്നൊരു തർക്കം തർക്ക വിഷയമാണ് അതുകൊണ്ടെന്താണ് ശരീരം മാറുന്നുണ്ട് അഹം എന്ന് പറയുന്ന ഈ അനുഭവം ശരീരത്തെ ആസ്വദിച്ചത് സ്വതന്ത്രമാണ് അതുകൊണ്ടാണ് രണ്ട് ശരീരത്തിനും ഒരേ അനുഭവം ഉണ്ടാകുന്നത് ഇനി വേറെ രീതിയിൽ പറയാം രണ്ട് വ്യക്തികൾ രണ്ടു വ്യക്തിക്കും ഞാനൊന്നുള്ള അനുഭവമുണ്ട് ശരീരമൊന്നാണ് അല്ലല്ലോ എല്ലാ വ്യക്തികൾക്കും എന്ത് അനുഭവമുണ്ട് ഞാൻ ശരീരമൊന്നല്ലല്ലോ വേറെ വേറെ അപ്പൊ വേറെ വേറെ ശരീരങ്ങളിലെല്ലാം ഒരേ അനുഭവം എന്താണ് ഞാനും കൊണ്ടെന്ന് മനസ്സിലാക്കാം ഈ ശരീരങ്ങളിൽ നിന്നെല്ലാം വേറെയാണ് ഞാൻ അങ്ങനെയും പറയും എല്ലാ ശരീരങ്ങളിലും അനുഭവം ഒരേ രൂപത്തിൽ ശരീരങ്ങളെല്ലാം വര കര അപ്പൊ ഈ ശരീരങ്ങളിൽ നിന്നും വേറെയാണെന്ത് ഞാനെന്നുള്ള അനുഭവം അതുകൊണ്ട് അനുഭവം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിക്കുകയാണ് ആ അനുഭവത്തിന് ആശയമാണ് ആത്മാവ് അത് അങ്ങനെയും പറയാം ഇതിനൊരുദാഹരണം പറയുന്നു रस्ति-मनागवी भी गंधो विशदी बालस्तवो शरीर मनाग प्रत्यभिज्ञानगंधोत्सीये बालस्तवि शरीर बालस्तविज കുട്ടിക്കാലത്തെയും വാർദ്ധകൃത്തിനെയും ഈ ശരീരങ്ങൾക്ക് മനാഗവി പ്രത്യ പ്രത്യവിജ്ഞാനഗന്ധോ എന്ന അസ്ഥി എന്നാണ് മനാ എന്ന് പറഞ്ഞാൽ അൽപ്പം മനാഗവി അൽപ്പം പോലും അൽപ്പം പോലും പ്രത്യവിജ്ഞാനഗന്ധം ഗന്ധം എന്ന് വെച്ച സംബന്ധം പ്രത്യവിജ്ഞാന സംബന്ധം പ്രത്യവിജ്ഞാന സംബന്ധം എന്ന് വെച്ചാൽ എന്താണ് ആ ഞാൻ തന്നെ ഈ ബന്ധം കുട്ടിക്കാലത്തെ ആ തന്നെയാണ് വയസ്സുകാലത്തെ ഞാൻ എന്ന് പറയുന്ന ഇതിനെയാണ് പ്രതിവിജ്ഞാന ഗന്ധം പ്രതിവിജ്ഞാന സംബന്ധം സ്മൃതി സംബന്ധം എന്ന് പറയുന്നത് ഞാനിങ്ങനെ സ്മരിച്ചു പറയാണ് കുട്ടിക്കാലത്തെ ആ ഞാൻ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത് എന്ന് പറയും എന്ന് പറയുമ്പോ എന്താണ് ബാല്യ ശരീരത്തിനും ഈ വടധക്യത്തിലെ ശരീരത്തിനും എന്താണ് ഒരൽപ്പം പോലും ഈ പറയുന്ന സ്മൃതി സംബന്ധം പറയാൻ കഴിയത്തില്ല കാരണം രണ്ട് രണ്ട് ശരീരം ബല്യത്തിലെ ശരീരമല്ല വാർദ്ധക്യത്തിലെ ശരീരം ശരീരത്തെ ഇങ്ങനെ പറയാൻ പറ്റില്ല ചുരുക്കം ഇങ്ങനെ പറയാൻ പറ്റിയില്ല ആ ഞാൻ ഈ ഞാൻ പറയാൻ പറ്റില്ല അതിൽ ശരീരത്തിൽ വരത്തില്ല ഞാൻ പറയുന്നുണ്ട് എന്താണ് പ്രത്യവിജ്ഞാന സംബന്ധം ആ ഞാൻ ഈ ഞാൻ അപ്പൊ ഇതിൽ മനസ്സിലാക്കണം ഇവിടെ ഈ പ്രത്യവിജ്ഞാന സംബന്ധം ഉള്ളതുകൊണ്ട് ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വേറെയാണ് പ്രതിവിജ്ഞാനം എന്നുവെച്ചാൽ ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് പറയുന്നതാണ് ആ ഒരു സംബന്ധമുള്ളതുകൊണ്ട് ഇത് ശരീരത്തെ കുറിച്ച് എല്ലാം ശരീരത്തിൽ നിന്ന് വേറെ പിന്നെ ശരീരത്തിൽ പറയാൻ പറ്റില്ല എന്നുകൊണ്ട് ശരീരേകമല്ല ശരീരം രണ്ടാണ് ശിശു ശരീരം വേറെയാണ് വാർദ്ധക്യ ശരീരം വേറെയാണ് നഹി ബാലസ്തപനയോഗോ ശരീരവോ ബാല്യ വാർദ്ധക്യ ശരീരങ്ങൾക്ക് മനാകവി പ്രത്യവിജ്ഞാനഗന്ധോ നാസ്തി അല്പം പോലും സ്മൃതി സംബന്ധം ഇല്ല അത് തന്നെ ഇതെന്ന് പറയാനുള്ള സംബന്ധമില്ല ഏന ഉണ്ടായിരുന്നെങ്കിൽ ഏകത്വം അധ്യാസീയേത ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യാൻ ശരീരം ഒന്നാണെന്ന് അറിഞ്ഞാൽ ഏകത്വം ശരീരത്തിലെ ഏകത്വത്തെ നിശ്ചയിക്കാമായിരുന്നു ശരീരത്തിലെ ഏകത്വത്തെ നിശ്ചയിക്കാൻ പറ്റൂ എന്തുകൊണ്ട് രണ്ടായിരുന്ന ഏതാന്ന് പറഞ്ഞാൽ പ്രത്യവിജ്ഞാന സംബന്ധം ഉണ്ടായിരുന്നു എങ്കിൽ ഈ ശരീരത്തിൽ എന്ത് വന്നിന് ഏകത്വം അഭവം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാം കുട്ടിക്കാലത്തെ ഞാൻ തന്നെയാണ് വാർത്തകൃത്തില്ല ഞാൻ എന്ന് പറയുമ്പോ ഏകത്വത്തെ നിശ്ചയിക്കാം ഒന്ന് എന്ന് പറയാം അങ്ങനെ പറയുന്നുണ്ട് എന്താ ചറോകം പറയുന്നതിനീരം തന്നെ അല്ലെങ്കിൽ ആത്മ താതാർമ്മ ശരീരത്തിൽ ഒന്നാണ് ഈ അഹമനുഭവം എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ ഇവിടെ എങ്ങനെയല്ല ഇവിടെ രൽപ്പം പോലും രണ്ടും തമ്മിൽ ബാലശരീരവും വാർത്തക രണ്ടാണ് രണ്ടും വേറെ വേറെ വേറെ ആയതുകൊണ്ട് ഈ അഹമനുഭവം എന്ന് പറയുന്ന വേറെയാണ് അപ്പോ അഹം അനുഭവത്തിന് വിഷയമായിട്ടൊരാത്മാവുണ്ട് അപ്പൊ അതിന് ജിജ്ഞാസയാകാം എന്നാണ് ആര് പറയുന്നത് ഒരു വിഷയം ഇവർ പറഞ്ഞെല്ലാം പോയാൽ ഇവരെ ആത്മാവുണ്ടെന്ന് പറയുന്നവരെ അത്യാസമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ പറയണം കാരണം ഇവിടെ ഒരുപാട് പൂർവക്ഷ സിദ്ധാന്തിയൊക്കെ വരുന്നുണ്ട് എന്ത് അഭിപ്രായം പറയുന്നവരാണെന്ന് പറയും അല്ലെങ്കിൽ തിരിഞ്ഞു ഭൂർപക്ഷീ സിദ്ധാന്തിക്ക് പല വല്ലതുകൾ മാറി മാറി വരികയാണ് അപ്പൊ ആദ്യത് മനസ്സി വെച്ചുകൊണ്ടാണ് ഒന്ന് അധ്യാസം ഉണ്ടെന്ന് പറയുന്നത് സിദ്ധാന്തം അധ്യാസം ഇല്ലെന്ന് പറയുന്നത് ഇത് മനസ്സി വെച്ചുകൊണ്ടാണ് പറയാം അതും വരാം അങ്ങനെ ഒരു ഭൂർപക്ഷം വരുമ്പോൾ അതിന് ചോദ്യങ്ങൾ ചോദിക്കാം വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചോദിച്ചു പോകാം Right. Um. ക്ഷി സിദ്ധാന്തം അങ്ങനെ എപ്പോഴും പ്രധാനമായും ജിജ്ഞാസ വേണം എന്ന് പറയുന്ന സിദ്ധാന്തിയും വേണ്ട എന്ന് പറയുന്ന ആൾ പൂർവപക്ഷം അത് മനസ്സിൽ വേണം ബാക്കി എല്ലാ പൂർവപക്ഷത്തെയും സിദ്ധാന്തിയും അതിന് ചോദ്യം ചോദിക്കുന്നവരൊക്കെ മനസ്സിലാക്കാം ചറവാകനും ഒരു പൂർവപക്ഷമാണ് ചെറകം പറയുന്ന ശരീരത്തിലാണ് ഈ അല്ല വേറെ ആത്മാവൊന്നുമില്ല വേറെ ആൾ എന്താണ് ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരു അഹംബോധമുണ്ട് ആത്മാവുണ്ട് ഇവ രണ്ടുപേരും പൂർവശിയാണ് അദ്വൈതി പറയുന്ന എന്താണ് ആ ശരീരത്തിൽ അഹംബോധം വരുന്നത് ആത്മാവിന്റെ താതാത്മ്യം കൊണ്ടാണ് എന്ന് വെച്ചാൽപ്പോ അതിനെ പൂർണ്ണമായി അറിയുന്നില്ല അതറിയാൻ വേണ്ടിയിട്ട് അവിടെ ജിജ്ഞാസ വേണ്ടതാണ് ആത്മാവിനെ അറിയണോ വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞെന്നൊരു കൂട്ടർ പറയുന്നു അല്ല വേറെ കൂട്ടർ പറയുന്ന അങ്ങനെ ഒരു സാധനമേ ഇല്ല അതുകൊണ്ട് അതിനെ അറിയേണ്ട ആവശ്യം ഇല്ല ശ്രദ്ധ എന്ന് പറയുന്ന അങ്ങനെ അല്ല ശരീരത്തിൽ നിന്ന് വേറൊരു ആത്മാവുണ്ട് പക്ഷേ അത് പൂർണ്ണമായി അറിയുന്നില്ല അതുകൊണ്ട് അതറിയേണ്ടതാണ് ഈ മൂന്ന് ചർച്ചയാണ് കൂടാണത് എന്ന് പറയുന്നു ബാലസ്തവിരയോഗോ ശരീരമോ ബാല്യകാലത്തിലെയും വർദ്ധക്യത്തിലെയും ശരീരങ്ങളിൽ മനാഗവി പ്രത്യവിജ്ഞാന കണ്ടുവരൽപ്പം പോലും പ്രത്യവിജ്ഞാന സംബന്ധമില്ല അത് തന്നെ ഇത് എന്താണ് ശരീരത്തിൽ അങ്ങനെ ഒന്നില്ല ഏന അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏകത്വം അധ്യാവസ് ആ ഞാൻ തന്നെ ഈ എന്ന് പറയുന്ന അധ്യവസീയേത തീരുമാനിച്ചേന എന്നാണ് അധ്യവസെന്ന് വെച്ചാൽ നിശ്ചയി നിശ്ചയിച്ചേന തസ്മാ അതുകൊണ്ടെന്താണ് പൂറോഷി പറയുന്നത് അടുത്തത് മെയിൻ പൂറോഷി ഏഷു വ്യാവർത്തമാനേഷു എതനുവർത്തേ തത്തെഭ്യോ ഭിന്നുസുമേഭ്യ സൂത്രം അനേകം മാലകൾ കൊണ്ട് അനേകം പൂക്കൾ കൊണ്ട് ഒരു മാല കൊരുത്തവിടെ സ്പഷ്ടമാണ് ആ കൊരുത്തിരിക്കുന്ന നൂലുകളിൽ നിന്ന് വേറെയാണെന്ത് പൂക്കൾ ആ പൂക്കൾ പരസ്പരം ഭിന്നങ്ങളുമാണ് അതുപോലെയാണ് ഇവിടെയും അതുപോലെ ഇവിടെ എന്താണ് നൂലിൽ നിന്ന് പൂക്കൾ വേറെയായിരിക്കുന്നത് പോലെ തത്വം മനസ്സിലാക്കാം ിൽ ഒന്നിൽ എന്നിട്ട ഒരു നൂലൻ ഭിന്നങ്ങളായ പല പല പൂക്കളുണ്ടെങ്കിൽ ആ ഭിന്നങ്ങളായ പൂക്കളിൽ നിന്ന് വേറിട്ടായിരിക്കും എന്ത് നൂല് അതുപോലെ ഒരാത്മാവ് അതിന് അഹം എന്ന് പറയുന്നത് അതിന് ഭിന്നങ്ങളായ ശരീരങ്ങളുണ്ട് അതുകൊണ്ട് ആ ശരീരങ്ങളിൽ നിന്ന് വേറിട്ടാണെന്ത് ആത്മാവ് ഇവിടെ ശരീരം എന്ന് പറയുന്നത് അതിൽ ഭിന്നങ്ങളായ ശരീരമുണ്ട് ഏതൊക്കെ ബാല്യം യവോനം വാർദ്ധക്യം ഭിന്ന ശരീരങ്ങളും ഇവിടെ എല്ലായിടത്തും നമുക്ക് നൂല് പോലെ കൊരുത്തിരിക്കുന്ന ഒന്നാണോ അഹമെന്നുള്ള അനുഭവം അപ്പൊ ഈ അഹം അനുഭവമാണ് നൂലിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അഹം അനുഭവത്തിലൂടെ അറിയുന്ന ആത്മാവ് പിന്നെ പൂക്കളുടെ സ്ഥാനത്താണെന്ത് ബാല്യം യവോനം വാർദ്ധക്യ ശരീരങ്ങൾ അപ്പോൾ ഈ ശരീരങ്ങളിൽ നിന്ന് ആത്മാവെന്നുള്ള അനുഭവത്തിലൂടെ അറിയുന്ന ആത്മാന എല്ലാ ജീവികളും എല്ലാ ജീവികൾക്കും ഇതെടുക്കാം പക്ഷെ ചിന്തിക്കാൻ ആർക്കെ പറ്റും മനുഷ്യന് ഇതൊക്കെ ചിന്തിക്കാൻ എന്താണോ നമുക്കെടുക്കാം ചിന്തിക്കുന്നവർക്ക് എടുക്കാം അവരിതൊന്നും ചിന്തിക്കുന്നില്ല ഭാഗ്യവാന്മാര് അവർക്ക് ബ്രഹ്മവിദ്യാലയം ചിന്തിക്കാനില്ല അവർ സ്വാമിമാരാകുന്നുണ്ട് എന്തെല്ലാം ഭാഗ്യം തസ്മ അതുകൊണ്ട് യേശു വ്യാവർത്തമാനേഷും വ്യാപർത്തമാനം വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഉദാഹരണത്തിൽ എന്താണ് ഉദാഹരണത്തിൽ പുഷ്പങ്ങൾ അതാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ നൂലിൽ കൊരുത്തിരിക്കുന്ന പുഷ്പങ്ങളെ എടുക്കണം തസ്മ യേശു യേശു വ്യാവർത്തമാനേഷു എതനുവർത്തതേ അതിൽ മാറാതിരിക്കുന്നതാണ് അനുവർത്തതേ മാറാതിരിക്കുന്ന എന്താണ് ഉദാഹരണത്തിന് നൂല് അനുവർത്തിക്കുക മാറാതിരിക്കുക അങ്ങനെ എത് അനുവർത്തതേ തത് തത് പറഞ്ഞാൽ എന്താണ് നാല് നൂല് ആ നൂല് തേബ്യോ ഭിന്നം അവയിൽ നിന്നും ഏറെയാണ് ഏവയിൽ നിന്നോ പുഷ്പങ്ങളിൽ നിന്നും ഭിന്നം അതാണ് തസ്മാ യേശു വ്യാവർത്തമാനേശു മാറിക്കൊണ്ടിരിക്കുന്നവയിൽ എന്തുകർത്തത് ഏതാണോ അനുവർത്തിക്കുന്നത് തത് അതെന്ന് പറഞ്ഞ നൂല് നാല് നൂല് തേബ്യ ഭിന്നം മാലകളിൽ നിന്ന് ആ പൂക്കളിൽ നിന്നും ഭിന്നമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ശരീരത്തെ ഒരു വ്യാവർത്തമാനം അവിടെ വ്യാവർത്തിക്കുന്ന എന്താണ് ബാല്യ കൗമാര വാർദ്ധിക ശരീരങ്ങൾ വേറെ വേറെ എന്നുള്ള രീതി സങ്കല്പത്തിൽ പറയാണ് ഇത് അനുവർത്തത ഇതിൽ അഹം തത് എന്ത് ം തേബ്യ ഭിന്നം എന്ന് പറഞ്ഞാൽ ഈ ശരീരങ്ങളിൽ നിന്നും ഭിന്നമാണ് ഒരു യുക്തി അനുദാനം പറയും നേതാക്കസുമേവ്യ സൂത്രം ഗീതയെ പറയും സൂത്രയെ മണികണായവ പല ശരീരങ്ങളെടുത്തു സൂത്രത്തിൽ മണികളെ മണികളെ കോർത്തിരിക്കുന്നത് എല്ലാ ശരീരങ്ങളെയും ഒരു ആത്മാവിൽ കൊടുത്തിരിക്കുകയാണ് അങ്ങ് വെച്ച് പറയുന്നു ഇതാ കുസുമേപ്യ സൂത്രം കുസുമേബ്യ സൂത്രം ബാക്കിയാൻ വിചാരിക്കും കുസുമങ്ങളിൽ നിന്ന സൂത്രം ഇവിടെ എന്താ എന്തിനോട് അന്വേഷിക്കണം ഭിന്നം സൂത്രം എന്ന് ചെന്നോ കുസുമങ്ങളിൽ നിന്ന് പൂക്കളിൽ നിന്നും മൂന്ന് പേരെയാണ് അതുപോലെ ഈ ശരീരങ്ങളിൽ നിന്ന് അഹം ഭിന്നമാണെന്ന് പറഞ്ഞു തഥാജ ബാലാദിശരീരേഷു വ്യാവർത്തമാനേഷ പരസ്പരം അഹങ്കാരാസ്പദം അനുവർത്തമാനം തേബ്യോ ഭിത്യത്തെ പറയൂ തഥാജ ബാലാദിശരീരേഷു ബാലം യൗവനം വാർദ്ധകീ ശരീരങ്ങളിൽ അതങ്ങനെയുള്ളതാണ് വ്യാവർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിലും അഭി പരസ്പരം അഹങ്കാരാസ്പദം അനുവർത്തമാനം പരസ്പരം എന്താണ് നമ്മുടെ തതാക ബാലാദിശരീരേഷു വ്യാവർത്തമാനേഷും അഭി പരസ്പരം വ്യാപർത്തമാനുഷം അങ്ങനെയാണ് ആ ഇതാ കുറിച്ചുകൂടെ ശരി പരസ്പരം വ്യാപർത്തമാനം എന്ന് ചെന്നാണ് പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെ പരമ്പര എന്ന് പറഞ്ഞാൽ ശരിയാകും ഈ അർത്ഥം അടുത്ത പരമ്പര ഒന്നാണ് പരസ്പരമാണ് നല്ലത് എന്താണ് ബാലാദി ശരീരേഷു പരസ്പരം വ്യാപർത്തമാനേഷു ബാലാദി ശരീരങ്ങളിൽ പരസ്പരം വ്യാപർത്തിക്കുന്നു എന്ത് ശരീരം പരസ്പരം വ്യാവർത്തിക്കുന്നു ബാലാദി ശരീരേഷു പരസ്പരം വ്യാപർത്തമാ പരസ്പരം വ്യാപർത്തിക്കുന്നു എന്ന് വെച്ചാൽ ബാല്യശരീരമല്ല യൗവന ശരീരം യവന അതാണ് പരസ്പരം വ്യാർത്തിക്കുന്നിടത്ത് അഹങ്കാരാസ്പദം അനുവർത്തമാനം അഹങ്കാരാസ്പദം അനുവർത്തിക്കുന്നതായ അഹങ്കാരത്തിന്റെ ആശ്രയം അതെന്താണ് അഹങ്കാരാശ്രയം എന്താണ് ആത്മാവ് അത് തേഭ്യോ വിദ്യ അവയിൽ നിന്നും വേറെയാണ് ഏവയിൽ നിന്നും ശരീരമുണ്ട് ഇനി നിങ്ങളുടെ പ്രസവത്തി എഴുതിയിരിക്കുന്നത് പോലെ ബാലാദി ശരീരേഷു വ്യാവർത്തമാനേഷു പരമ്പര ഒന്നാണ് പരമ്പരം പ്രയാസമാണ് പരമ്പര അത് വേണമെങ്കിലും പറയാം ബാലാദി ശരീരേഷു പരമ്പരം വ്യാവർത്തമാനേഷു എന്നെടുക്കാം പരമ്പരം ഒന്നൊന്നുള്ള അർത്ഥം കൊടുക്കണം പരസ്പരം എന്നർത്ഥം തന്നെ എടുക്കേണ്ടി വരും അതേപക്ഷം പരസ്പരമാണെന്നുണ്ട് തേഭ്യോ ഭിത്യതേ എന്തോ അഹങ്കാരാസ്പദമാണ് ആത്മാവ അഹങ്കാരമല്ല അഹങ്കാരത്തിന്റെ ആസ്മദമായിരിക്കുന്നതാണ് എന്ത് ആത്മാ അഹങ്കാരത്തിന്റെ ആസ്മദം എന്ന് വെച്ചാൽ ആശ്രയം അഹങ്കാരത്തെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ ആശ്രയമായിരിക്കുന്നത് അതനുവർത്തിക്കുന്നു ഈ ശരീരങ്ങളിലെല്ലാം തേഭ്യോ ശരീരങ്ങളിൽ നിന്നും അത് ഭിന്നമാണ് ശരീരങ്ങളിൽ നിന്നുള്ള ഭിന്നമാണ്